വിശ്വാസികളെ നിങ്ങൾ അള്ളാഹു സുബഹാനഹൂവറ്റായലായിലേക്ക് ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുവിൻ നിങ്ങളുടെ തിന്മകൾ പുറത്തുകൊടുക്കാനും താഴെയായി പുഴകളൊഴുകുന്ന സ്വർഗ്ഗത്തോപ്പുകളിൽ നിങ്ങളെ പ്രവേശിപ്പിക്കാനും നിങ്ങളുടെ രക്ഷിത ഉദ്ദേശിച്ചേക്കാം അള്ളാഹു സുബഹാനഹൂവറ്റായല മുഹമ്മദിന് ബിസല്ലാഹു അലിവസ്ലല്ലത്തെയും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരെയും അപമാനിക്കാത്ത ദിവസം അവരുടെ പ്രകാശം അവരുടെ മുൻപിലും വലതുവശത്തും പ്രസരിപ്പായിരിക്കും അവർ പറയും ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളുടെ പ്രകാശം പൂർത്തിയാക്കി തരയണമേ ഞങ്ങൾക്ക് പുറത്തു തരയണമേ നിശ്ചയമായും നീ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാകുന്നു